ഹോട്ടൽ നടത്തുന്ന ആൾക്ക് ഒരു പുതിയ ഷാപ്പാട് പ്രസന്റേഷൻ കൊടുത്താ എന്ത് പ്രയോജനം അപ്പോ അവർക്ക് എന്ത് വേണം എന്ന് അറിഞ്ഞു കൊടുക്കണമല്ലോ അപ്പൊ ഭഗവാന് നമ്മള് പ്രസന്റേഷൻ കൊടുക്കുമ്പോ എന്താ വേണ്ടതെന്ന് അറിഞ്ഞു കൊടുക്ക എന്താ ഭവതു ഭവത അർത്ഥം നമ മനഹാന്നാണ് ആചാര്യസ്വാമി പറയാണ് ഭഗവാന് ഇത് അങ്ങയുടെ കയ്യിൽ ഒരു സാധനം ഞാൻ തരികയാണ് മനസ്സ് അപ്പൊ ഭഗവാൻ പറഞ്ഞു അത്രേ ഇത് ഒന്നേ എനിക്ക് വേണ്ടൂന്നാണ് എന്റെ പൂവും ചന്ദ്രംതിരിയും കല്പൂരവും ഒന്നും എനിക്ക് വേണ്ട ഇത് തരാതെ നീ പൂവും ചന്ദനത്തിനെയും കൽപ്പൂരവും ഒന്നും മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട മനസ് ആവുന്ന പുഷ്പം കൊയ്ത് മഹേശ്വരന് ഭഗവാന് പൂജ എന്നുവെച്ചാലോ നിരന്തര സ്മരണം ഈ ഒരു അന്തരംഗ സാധന നിത്യയോഗം അന്തർയോഗം ഇത് പുറമേക്ക് അറിയേല പുറമേക്ക് പരമലൗകികനായിട്ട് വേണമെങ്കിൽ ഇരുന്നളയാം നല്ല രസ രസമായ സാധനം രാമകൃഷ്ണ പരമവംശ്വര് പറയും കൊതുകുവലയുടെ ഉള്ളിലിരുന്ന് ധ്യാനിക്കും എത്ര ആളുകൾ വിചാരിക്കും ഇയാൾ പാവം എഴുന്നേൽക്കാൻ വളരെ വൈകുണ എട്ട് മണി വരെ ഉറങ്ങുകയാണെന്ന് വിചാരിക്കും വിചാരിച്ചോട്ടെ എന്താണോ ഉള്ളിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് അല്പം കണ്ണീര് വിട്ടിട്ട് പുറമേക്ക് പരമലൗകികനായിട്ട് അത് ആന്തരിക സാധന സംസ്മരയൻ സ്മരണയാണ് മുഖ്യം ഉള്ളിലെ ഉരുകി ഉരുകി ഭഗവത് ധ്യാനം അങ്ങനെ ഭഗവത് ധ്യാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാന്റെ അവതാരം അസംഖ്യേയമാണ് കൃഷ്ണാവതാരം എന്ന് പറയുന്നത് എത്രയോ ആയിരം വർഷം മുമ്പ് കൃഷ്ണൻ അവതരിച്ചതല്ല എപ്പോഴൊക്കെ ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നു കൃഷ്ണ സ്മരണ എപ്പോ കൃഷ്ണൻ അവതരിക്കുന്നുണ്ട് നമ്മളുടെ ഹൃദയത്തിൽ ഇരുട്ടിൽ തന്നെ അവതരിക്കണത് മനസ്സ് തന്നെ ഇരുട്ടാണ് മനസ്സാകുന്ന ഇരുട്ടിൽ നിഷീധേ തമവുദ്ഭൂത്തെ ജായമാനേ ജനാർദ്ദനെ ആ ജനാർദ്ദനൻ അവിടെ അവതരിച്ചാലോ നമ്മളുടെ ജനനം അതോടുകൂടെ അർദ്ദനമാവും നമ്മളുടെ ജനനം അതോടുകൂടെ അവസാനിച്ച് കിട്ടും ഇനി ജനനം വരണം എന്നുള്ള ചക്രം അതോടുകൂടെ നിന്നു കൃഷ്ണൻ അവതരിച്ച് കഴിയുമ്പോൾ കൃഷ്ണൻ ഹൃദയത്തിൽ അവതരിച്ച് കഴിയുമ്പോൾ അപ്പൊ കൃഷ്ണൻ പുറമേക്ക് അവതരിക്കുന്നത് ഇരിക്കട്ടെ നമ്മളുടെ ഹൃദയത്തിൽ കൃഷ്ണൻ അവതരിക്കണം കൃഷ്ണധ്യാനം ഉള്ളില് ഏർപ്പെടണം കൃഷ്ണസ്വരൂപം ഹൃദയത്തില് തെളിഞ്ഞു പ്രകാശിക്കണം അങ്ങനെ കൃഷ്ണാവതാരം ഇവിടെ നമ്മള് കുറച്ച് കണ്ടു ഭഗവാൻ അങ്ങനെ വസുദേവർക്കും ദേവികയ്ക്കും മുമ്പിലങ്ങനെ പ്രകാശിച്ചു ആനന്ദരൂപഭഗവൻ അയദേവതാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗ നിരീയമാണൈ കാന്വ്രജൈരിവ ഘനാഘനമണ്ഡലൈഡ്യം ആവൃവതിരു രുചേ കില വർഷവേളാ ആശാസു ശീതലതരാസു പയോതോയ ആശാസിതാതിവിവേഷു ജസജ്ജനേഷു നൈഷാകോദയ വിധ നിശിമധ്യമാജവിരാസീ ത്രിജതാപഹ ആവിസീ മൂ ജഗത്ത ഉള്ള ക്ലേശത്തിനെ നീക്കുന്നവനായ ഭഗവാൻ ആവിർഭവിച്ചു നമ്മളുടെ ഉള്ളിലുമുണ്ട് മൂന്ന് ജഗത്ത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്ന് ലോകത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് ഈ മൂന്ന് ലോകത്തിലും ക്ലേശ കൊണ്ട് ജാഗ്രത്തിലും ക്ലേശ കൊണ്ട് ശരീരക്ലേശം സ്വപ്നത്തിലും മനസ്സുകൊണ്ടുള്ള ക്ലേശം സുഷുപ്തിയിലെ അജ്ഞാനം കൊണ്ടുള്ള ക്ലേശം ഈ മൂന്നും നീങ്ങിക്കിട്ടണം ആവരണശ്രുതി വിക്ഷേപച് ക്ലേശാപഹസ്തി ജഗതാം ഉള്ളിൽ കൃഷ്ണൻ ആവിർഭവിച്ചാൽ കൃഷ്ണതത്വം ഹൃദയത്തില് പ്രകാശിച്ചാൽ എന്ന് വച്ചാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോ ആത്മാനുഭവം ഹൃദയത്തില് തെളിഞ്ഞുവരുമ്പോ അവിടുത്തെ ഇരുട്ട് നീങ്ങുന്നു അദ്ഭുതമായി തത്വം ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോ ഭഗവത് തത്വം ഹൃദയത്തില് പ്രകാശിക്കുമ്പോ ഇരുട്ട് നീങ്ങുന്നു ക്ലേശാപഹസ്ത്രീജത്താം ആനന്ദരൂപഭവൻ ഭഗവാനെ എന്താ സംബോധന ചെയ്തത് ഭഗവാന് എന്താ ലക്ഷണം ഭഗവാനാണ് ആനന്ദരൂപഭഗവൻ വിവേകാനന്ദ സ്വാമികൾ യോഗസൂത്രത്തിന് വ്യാഖ്യാനം ചെയ്യുമ്പോൾ അടുത്ത് പറയുന്നു നിങ്ങൾ അധ്യാത്മികമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടോ എന്ന് അറിഞ്ഞുകൊള്ളണം മൂഡ് ഓഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ വിഷാദസ്ഥിതി എന്താ പറയാ മൂഡ് ഓഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ മുഖം പുറത്ത് കാണിക്കരുത് മുറിയിൽ പൂട്ടിയിരുന്നോളാം കാരണം ആരെങ്കിലുമൊക്കെ മുഖം കാണിച്ചാൽ അവർക്കും പടർന്നു പിടിക്കും ഭക്തൻ എന്നുവെച്ചാൽ ഭക്തിയുടെ ലക്ഷണമേ ആനന്ദമാണേ ഭക്തന്മാരൊക്കെ ആനന്ദിച്ചിട്ടുണ്ട് അവരൊക്കെ ധന്യതയാണ് അനുഭവിച്ചിരിക്കുന്നത് അവരാനന്ദമാണ് അനുഭവിച്ചിരിക്കുന്നത് അപ്പോ ആനന്ദരൂപഭഗവൻ ഐതേവതാരേ കൃഷ്ണാവതാരം മുഴുവൻ ആനന്ദമാണ് പ്രാപ്തേ പ്രദീപ്തഭവഗംഗനിരീയമാണി കാന്തിവ്രജരിവ ഘനാഘനമണ്ഡലൈദ്യം ആവൃണ് വിരുചേ കില വർഷവേള ീ വെള്ളം കോരിച്ചൊഴിയുന്ന ചൊരിയുന്ന മേഘങ്ങള് ആകാശത്തിൽ വന്ന് നിറഞ്ഞു സജ്ജനങ്ങളാകുന്ന ചാതകങ്ങള് ഇങ്ങനെ കരഞ്ഞുകരഞ്ഞ് ചാതക പക്ഷി വിളിക്കുമ്പോൾ മേഘം വന്ന് മഴ പോലെ ഭക്തന്മാര് ഭഗവാനെ വിളിച്ചു ഭഗവാൻ അവതരിക്കാൻ കാരണമെന്താ ഭക്തന്മാര് വിളിക്കുന്നത് കൊണ്ട് ഭഗവാനെ അവതരിക്കും भक्तन्णुग्रहिक मे व्याज कंस रवणने इवें मुख्य उद्देश्यव भक्तन्त आनंद अवतार अशासवशु सज्जनेशु नईदय विधौ निशिमदापस्त्री जगता തമത്ഭുതം ബാളഗമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധം ശ്രീവത്സലക്ഷ്മണശോഭിക്കൗസ്തുഭം പീതംബരം സാദ്രപയോദസൗഭം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്ഷാ പരിഷ്സഹസ്രകുന്തളം ഉദ്ദാമകണാതിർവിചമാനം വസുദേവത വസുദേവനാണ് കണ്ടത് ദേവകി പ്രസവിച്ച് കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് മയങ്ങിക്കിടന്നു തോന്നുന്നു വസുദേവനാണ് ആദ്യത്തെ ദർശനം വസുദേവനങ്ങനെ മുമ്പിൽ കണുന്നു കാണുന്നു ദേവപ്രസീത പരപൂരുഷ താപവല്ലി നിർലൂ നിരത്ര സമനേത്രകലാവിലാസിദാനപാഗുരു കൃപാഗുരുഭിടാക്ഷീ വസുദേവരുടെ സ്തുതിയാണ് വസുദേവര് ഭഗവാനെ മുമ്പിൽ കാണുന്നു എങ്ങനെ കണ്ടു തമദ്ഭുതം ബാലകം അംബുജക്ഷണം അത്ഭുതം ബാലകം അത്യദ്ഭുതമായ ഒരു കൊച്ചുകുട്ടി എന്താ ഇപ്പൊ അദ്ഭുതം എന്ന് വെച്ചാൽ ഭഗവാൻ സർവാശ്ചര്യമയെ അച്ഛത്തെ ഭഗവാനിൽ എല്ലാമേ ആശ്ചര്യമാണ് സ്വാമി രാമതീർത്തൻ അമേരിക്കയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഭഗവാനെ ഹി എന്ന് പറയും ചിലപ്പോൾ ഷി എന്ന് പറയും ചിലപ്പോൾ ഇറ്റ് എന്ന് പറയും ചിലപ്പോൾ അവൾ അവൻ ചിലപ്പോൾ അത് എന്ന് പറയും അപ്പൊ ഒരാൾ എണീറ്റ് ചോദിച്ചു സ്വാമി വ്യക്തമായിട്ട് പറയൂ നിങ്ങളുടെ ഗോഡ് നിങ്ങളുടെ ദൈവം വെദർ ഹിസ് മിസ്റ്റർ ഓർ മിസ്സിസ് ഓർ മിസ് ഓർ ഇറ്റ് ഈസ് എ തിങ് അപ്പൊ രാമതീർത്ഥ സ്വാമികൾ പറഞ്ഞു ഗോഡ് ഇസ് നെയ്തർ മിസ്റ്റർ നോർ മിസ് ഓർ മിസ്സിസ് ഹി സ് എ മിസ്റ്ററി അനിർവചനീയമായ അത്ഭുത വസ്തുവാണ് മനസ്സിന് പിടികിട്ടാത്തതാണ് അതുകൊണ്ടാണ് അദ്ഭുതം ബാലകം ഭഗവാനെ കാണുമ്പോ അത്ഭുതം അത് അത്ഭുതം ഒരു പ്രാവശ്യം കാണുമ്പോൾ ചിലതൊക്കെ അത്ഭുതമായിരിക്കും പിന്നെയോ കുറെ കഴിയുമ്പോൾ അതൊക്കെ അത്ഭുത അതിലുള്ള ആ ആശ്ചര്യം പൊയിപ്പോകും അല്ലേ എത്രയോ കാര്യങ്ങളുണ്ട് ഇലക്ട്രിസിറ്റി ആദ്യം വന്നപ്പോ പ്ലെയിൻ ആദ്യം വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഇപ്പൊ കമ്പ്യൂട്ടർ വരുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നു എല്ലാം കുറച്ച് കഴിഞ്ഞാൽ മായ കാണിക്കുന്നതിൽ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ആദ്യം അത്ഭുതപ്പെടും പിന്നെ അതൊക്കെ തന്നെ മനസിന്റെ ഭാഗമായിട്ട് തീർന്നിട്ട് അതിനുള്ള ആശ്ചര്യം പോയി പോകും ഇനി കുറേ കഴിഞ്ഞ എന്തെങ്കിലും നമ്മളെപ്പോലെ ഒരാളെ പെട്ടിയിലിട്ടിട്ട് പെട്ടി തുറക്കുമ്പോൾ രണ്ടാൾ കയറി വരും അപ്പൊ നമ്മളൊക്കെ അത്ഭുതമായിട്ട് കാണും അതും കുറച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആയി പോകും ഒന്നും അദ്ഭുതപ്പെടില്ല പക്ഷെ ഈശ്വരൻ മനസ്സിന്റെ സമ്പർക്കമില്ലാത്ത വസ്തുവായത് കൊണ്ട് പ്രതിക്ഷണം തൂപം രമണീയതായാ ഓരോരിക്കെ കാണുമ്പോഴും നവോ നവോ എം സതതം മുനീന്ദ്ര മഹർഷിയെ കണ്ട് ഒരു കവി എഴുതിയൊരു ശ്ലോകമാണ് എപ്പോൾ കാണുമ്പോഴും പുതിയത് ഈ കണ്ട ആളാണെന്ന് തോന്നണില്ല അങ്ങനത്തെ ചില വസ്തുക്കളൊക്കെ ഉണ്ട് പ്രകൃതിയില് അതൊക്കെ കാരണം ഈശ്വര സാന്നിധ്യമാണ് ഉദാഹരണത്തിന് സൂര്യൻ സൂര്യനെ ഇന്നലെ കണ്ട സൂര്യനല്ലേ എന്ന് തോന്നില്ല ഇന്നലെ കണ്ട ചന്ദ്രനല്ലേ ബോറടിച്ചു പോകില്ല ആകാശം ഇതൊക്കെ കാണാൻ കഴിവുള്ളവർക്ക് കേട്ടോ അല്ലാതെ ഇപ്പൊ സ്വാമി ഇതൊക്കെ രാവിലെ എണീറ്റ് സൂര്യൻ ഇപ്പൊ ആരും നോക്കണു ചന്ദ്രനെ ആകാശമൊക്കെ ഇപ്പൊ നോക്കും വീട്ടിന്ന് പുറത്തേ വരില്ല അല്ലേ അപ്പോ ഭഗവത് സാന്നിധ്യമുള്ളപ്പോ അത്ഭുതമാണത് തമത്ഭുതം ബാലകം ഭഗവാൻ ശംഖചക്രഗദാപാണിയായിട്ട് നീലമേഘശശ്യാമണനായി പരമാനന്ദ സ്വരൂപിയായി വസുദേവരുടെ മുമ്പിൽ പ്രകാശിക്കുന്നു അദ്ഭുതം ബാലകം അംബുജക്ഷണം താമരക്കണ്ണുകളും ചതുർഭുജം ശങ്കചക്രഗദാഹസ്തം ചതുർഭുജം ശങ്കഗദാര്യുദായുധം ശംഖം ഗ താമര ചക്രം ഇതൊക്കെ കൂടി ശ്രീവത്സലക്ഷ്മം ശ്രീവത്സം ഗണശോഭിക്കൗസ്തുപം കൗസ്തുഭം പീതാംബരം പീതാംബരം ധരിച്ചുകൊണ്ട് സാന്ദ്രപയോദസൗഭഗം നല്ല ഘനീഭവിക്ഷ കാർമേഘം പോലെ അതിസുന്ദരമായ വർണ്ണത്തോടുകൂടെ മഹാർഹവൈഡൂര്യ കിരീട്ട കുണ്ടത്വിഷ പരിശക്ത സഹസ്രകുന്തളം എല്ലാ അലങ്കാരങ്ങളോടുകൂടിയാ കാരണം ഭഗവാനെ അറിയാം പാവം വസുദേവരും ദേവകിയും ജയിലിലാണ് അവർക്ക് കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു സ്വർണ്ണ ചെയ്യുന്നെങ്കിലും ഇട്ടു കൊടുക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവും കുട്ടിയുടെ കഴുത്തിൽ ഇവർക്കൊന്നും ഇടാൻ പറ്റില്ല കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കാണിക്കണമല്ലോ അതൊന്നും വഴിയില്ല അപ്പൊ ഭഗവാൻ ഒക്കെ കയ്യിൽ കൊണ്ടുവന്നു എന്നാണ് വട്ടത്തില് വിടാൻ ഒരു പമ്പരം ശങ്കം എല്ലാം കയ്യിൽ എടുത്തോണ്ട് വന്നു എന്നാണ് എല്ലാം കൊണ്ടുവന്നു മഹാർഹ വൈഡൂര്യ അതുപോലെ നല്ല ആഭരണങ്ങളോ ഇവിടെ ദിവ്യദർശനമാണ് ഇത് പ്രാകൃത ശിശുവാകുന്നതിന് മുമ്പ് ഒരു കുട്ടിയായിട്ടല്ല ഇപ്പോ ഇവർക്ക് ഇവിടെ വസുദേവർക്ക് ദിവ്യദർശനമാണ് ഭഗവാൻ ജനിച്ചു വീണ് കുട്ടിയായിട്ടുള്ള ദർശനമല്ല ഇവിടെ ഏർപ്പെടുന്നത് ഒരു ശരിക്കും ഒരു വിഷൻ ആണ് ഒരു സ്പിരിച്വൽ വിഷൻ ആണ് ഒരു സാധാരണ ഭാവത്തിലല്ല ഉദ്ധാമ കാഞ്ചി അംഗദ കങ്കണാദി ബിർവിലോചമാലം വസുദേവത്ത് ഇതിനെ അഖണ്ഡാനസ്വാമി വേറെ വിധത്തിലൊക്കെ അർത്ഥം പറഞ്ഞു വിധത്തിലർത്ഥം പറഞ്ഞു തമദ്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജംഖഗദുധം ശംഖം മൂന്ന് വാക്കുകളുണ്ട് അദ്ധം ബാലകം അതിന് അദ്ദേഹം അർത്ഥം പറഞ്ഞു കം എന്ന് വെച്ചാൽ എന്ന് ശ്രുതി ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താ ബ്രഹ്മം എന്തൊക്കെയാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം ആകാശം പോലെ അനന്തമാണ് അതുകൊണ്ട് ഖം ബ്രഹ്മ സുഖമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം അതുകൊണ്ട് കം ബ്രഹ്മ കം എന്ന് വെച്ചാൽ സുഖം ഷം ബ്രഹ്മ മനസ്സ് അടങ്ങിയിട്ടുള്ള ശാന്തിയാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം അതുകൊണ്ട് ഷം ബ്രഹ്മ ഇവിടെ ഈ മൂന്ന് ലക്ഷണവും ഈ ശ്ലോകത്തിൽ വെച്ചാണ് ബാലകം ബാലരൂപേണ പ്രകാശമാനം കം എന്നാണ് ചെറിയ കുട്ടിയായിട്ട് പ്രകാശിക്കുന്ന കം സുഖസ്വരൂപിയായ ബ്രഹ്മം ഇവിടെ ചെറിയ കുട്ടിയായി പ്രകാശിക്കുന്നു അപ്പൊ ബാലരൂപത്തിലുള്ള കം പഞ്ചസാര കളിപ്പാട്ട് സാധാരണ മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടം കടിക്കാൻ പറ്റുക പക്ഷെ പഞ്ചസാര കൊണ്ടാണോ ഉണ്ടാക്കിയതെങ്കിലോ അത് വായിലെടുത്തിടാം അതുപോലെ ഇവിടെ ഭഗവാൻ ഒരു ദിവ്യരൂപം ധരിച്ചു വരുന്നു അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സാധാരണ മനുഷ്യരൂപത്തിനെ കാണുന്ന വികാരങ്ങളൊന്നും ഉണ്ടാവില്ല അതിൽ സാധാരണ ഒരു മനുഷ്യരൂപത്തിനെ കണ്ടാൽ ഒന്നിൽ സ്നേഹം തോന്നും അല്ലെങ്കിൽ വെറുപ്പ് തോന്നും അല്ലെങ്കിൽ കാമം തോന്നും അസൂയ തോന്നും ദ്വേഷം തോന്നും പേടി തോന്നും ഉദാസീനഭാവം തോന്നും എന്തെങ്കിലുമൊക്കെ ഒരു വികാരം വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഒരു നാമരൂപത്തിനെയും കാണാൻ സാധ്യമല്ല ഇപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു ഒന്നിൽ സ്നേഹം അല്ലെങ്കിൽ ഉദാസീനഭാവം ഇതെങ്കിലും തോന്നാം അവര് അവർ കണ്ടു അത്ര തന്നെ പോയി അതേസമയം ഭഗവാനെ കാണുമ്പോ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠന്മാരെ കാണുമ്പോൾ രണ്ടും തുല്യം ബ്രഹ്മനിഷ്ഠന്മാരെ ജ്ഞാനികളെ കാണുമ്പോൾ ഭഗവത് ഭക്തന്മാരെ ഭാഗവതോത്തമന്മാരെ കാണുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വികാരവും ഉണ്ടാവില്ല എന്നാണ് അവിടെ കാമവും ഉണ്ടാവില്ല അസൂയവും ഉണ്ടാവില്ല ദ്വേഷവും ഉണ്ടാവില്ല ഉദാസീനഭാവവും ഉണ്ടാവില്ല പിന്നെ എന്തുണ്ടാവണു ഉള്ളില് ഒരു ശാന്തി ഒരു അനന്തത ഒരു സുഖം ഒരു അനിർവചനീയമായ പ്രിയം ഇതൊക്കെ ഏർപ്പെടും അപ്പൊ ഭഗവാനെ കണ്ടോന്നെ ബാലകം അംബുജക്ഷണം ചതുർഭുജം ചതുർഭുജം എന്ന് നാല് കൈ ഉള്ള ആള് അർത്ഥം വേറൊരു അർത്ഥം ചതുർഭുഖ് ണത്തിന് വിഴുങ്ങു അത്രേ നാലെണ്ണത്തിനെ വിഴുങ്ങുന്നവൻ ചതുർഭുഖ് എന്താ നാലെണ്ണത്തിനെ വിഴുങ്ങണതെന്ന് വെച്ചാൽ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഈ നാലും ഭഗവാൻ കണ്ട ഉടനെ ഈ ജീവന്റെ ഉള്ളിലുള്ള മനസ്സിനെയും ബുദ്ധിയേയും അഹങ്കാരത്തിനെയും ചിത്തത്തിനെയും വിഴുങ്ങിക്കളയണോ എന്നാണ് ചതുർഭുജം ശംഖം കയ്യിൽ ശംഖം പിടിച്ചിരിക്കുന്നു ശംഖം അങ്ങനെ അർത്ഥം ഇതൊക്കെ അവരുടെ ചാതുര്യമാണെങ്കിലും ഇതിനൊക്കെ ഔപനിഷിതമായ പ്രമാണത്തോടെയാണ് പറയണത് ശംഖം ശംഖഗതാരുതായുധം അതിനെ ശംഖം എടുത്തിട്ട് ശമ്മും ഖമ്മും ശം എന്ന് വെച്ചാൽ സുഖം ഖം എന്ന് വെച്ചാൽ ആകാശം ചതുർഭുജം ശംഖഗതാരുതായുധം ഗതയൊക്കെ കൊണ്ടുവരുന്നു എന്തിനാ ഭക്തന്മാരുടെ വൈഷമ്യങ്ങളൊക്കെ നീക്കാനായിട്ട് ആയുധം ഇത് ഭാഗവതം തന്നെ പറയുന്നുണ്ട് മറ്റൊരു ഭക്തന്മാരുടെ മനോവൈഷമ്യങ്ങളും ലോകത്തിലുള്ള വിഗ്രഹങ്ങളുമൊക്കെ നീക്കാനായി ഭഗവാൻ ആയുധം ധരിച്ചിരിക്കും ശ്രീവത്സലക്ഷ്മം ഗളശോഭിക്കൗസ്തുപംസൗഭം കാർമേഘം നിറഞ്ഞിരിക്കുന്ന നീല ആകാശത്തിൽ കൂരിട്ടോടുകൂടി ഇരുണ്ടു നിൽക്കുന്ന ആകാശത്തിൽ സ്വർണവർണ്ണത്തിൽ ഇടിമിന്നലുണ്ടായാൽ എങ്ങനെയുണ്ടാവൂ അങ്ങനെയാണ് ഭഗവാന്റെ ശരീരത്തിലെ പീതാംബരം പീതാബരം സന്ദ്ര പയോദ സൗഭഗം മഹാർഹ വൈഡൂര്യഗിരീട്ടുണ്ടിഷാ പരിഷ്വസ്രകുന്തളം ഉദ്ദാമകങ്കർവിനം മനസ്സുകൊണ്ട് ഗോദാനമൊക്കെ ചെയ്തു വസുദേവരം ഭഗവാന്റെ മുമ്പിൽ വീണു നമസ്കരിച്ചു ആ സൂതികാഗൃഹം പ്രസവം നടന്ന സ്ഥലം മുഴുവൻ സാത്വികമായ ഒരു പ്രകാശം നിറഞ്ഞു അതൈനം അഷ്ടോദവധാര്യ പൂരുഷം തന്റെ കുട്ടിയാണെന്ന് വസുദേവർക്ക് തോന്നിയില്ല അതിനായിട്ടില്ലേ അപ്പോ ഇപ്പൊ തോന്നണത് എന്താ പുരുഷോത്തമൻ പരമപുരുഷൻ തന്റെ മുമ്പിൽ പ്രകാശിക്കുന്നു സഹസ്രശീരുഷം ദേവം വിശ്വാക്ഷം വിശ്വസംഭുവം വിശ്വം ദേവമക്ഷരം പുരുഷം പരം ആ പരമപുരുഷൻ മുമ്പിൽ പ്രകാശിക്കും വേദം ഏതൊരു പരമപുരുഷനെ സ്തുതിക്കുന്നുവോ ആ പരമപുരുഷൻ തന്റെ മുമ്പിൽ പ്രകാശിക്കുന്നു അതൈനം അസ്തൗത് അവധാര്യ പൂരുഷം പരം നതാംഗതധീ കൃതാഞ്ജലി സ്വരോചിഷാരത സ്മുതികാഗൃം വിരോചയന്തം ഗതഭീരി പ്രഭാവവിത്ത് ഉള്ളിൽ ഭയമൊക്കെ നീങ്ങി ഉള്ളിലുള്ള പേടിയൊക്കെ നീങ്ങി प्रभाव वि महाप्रभाव असुदेवर तत्काले साक्षात्मी सादचु सागवत् गुर प्रकाश प्रकाश जीवन अति अमचु वसुदेवर भगवद ഭഗവാന്റെ പ്രഭാവം കൊണ്ട് ഏർപ്പെടുന്ന തൽക്കാലത്തേക്കുള്ള സമാധി അനുഭവമാണ് വസുദേവന് ഭഗവാനെ മുമ്പിൽ കണ്ട ഉടനെ ഭഗവാനെ ഞാൻ അറിഞ്ഞു വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണ്ണം തമസ എത്രയോ ഋഷികൾ പറഞ്ഞല്ലോ വേദാഹമേതം പുരുഷം മഹാന്തം പരമപുരുഷനെ ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതേ വാക്ക് വസുദേവനും പറയുന്നു വിധുദോസി ഭഗവാനെ അങ്ങേ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അങ് അറിയപ്പെട്ടിരിക്കുന്നു എന്നാൽ അറിയപ്പെട്ടിരിക്കുന്നു എന്താ അറിഞ്ഞത് വിധിസി ഭവാൻ സാത് പുരുഷ പ്രകൃതി പര കേനുഭവന്ദസ്വസുദ്ധിതൃക് സകൃത്തെതം സൃഷ്ട്വാഗ്രേ ത്രുണാത്മകം തധനു ത്വം ഹി അപ്രവിഷ്ട്രവിഷ്ടൈവ്യസേ യഥേ മേ അവിത തധാ വികൃത സഹ നവീര പൃഥക്ൂത വിരാജം സഞ്ജനയക്ഷ ഭഗവാനേ പ്രകൃതി പ്രകൃതിയെ കടന്ന് പ്രകൃതി എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പ്രകൃതി എന്താ നമ്മളെ സംബന്ധിച്ച് പ്രകൃതി എന്നുള്ളത് നമ്മളുടെ അനുഭവത്തിൽ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ വരുന്ന ഒരു ഇതൊക്കെ പ്രകൃതിയാണ് ഇതൊക്കെ പ്രകൃതിയുടെ ഉള്ളിൽ പെട്ടു പ്രകൃതിക്ക് അപ്പുറം കടക്കുമ്പോൾ പ്രകൃതിക്ക് അപ്പുറം എങ്ങനെ കടക്കുന്നു മനസ്സ് ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിക്കുന്നു മനസ്സ് ബുദ്ധി നിയന്ത്രിക്കപ്പെടുന്നു ബുദ്ധി അഹം തത്വത്തിൽ ലയിക്കുന്നു അഹം തത്വം അവ്യക്തത്തില് ലയിക്കുന്നു ആ അവ്യക്തവും തരണം ചെയ്തു കഴിയുമ്പോൾ ഒരു പരമാനന്ദ അനുഭവം ഒരു പരമപ്രകാശം ഉള്ളില് ഉണ്ടാവും അതിനെ പുരുഷസാക്ഷാത്കാരം എന്ന് ശ്രുതി പറയുന്നു ഇന്ദ്രിയേഭ്യ പരാ ഹ്യർ അർത്ഥേഭ്യം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേ ആത്മാ മഹാൻ പര മഹതവ്യക്തം അവ്യക്താത് പുരുഷ പര പുരുഷാന്ന പരം കിഞ്ചിത് ഇന്ദ്രിയാർഥാഹ പുറം വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ചുപിടിച്ചാൽ മനസ്സിൽ ഇന്ദ്രിയങ്ങൾ കളിക്കും അതായത് വിഷയങ്ങൾ കളിക്കും പുറമേക്ക് നമ്മൾ ഒന്നും ചെയ്യണില്ല പക്ഷെ മനസിന്റെ ഉള്ളിൽ ഈ വിഷയവാസനകളുടെ ചലനം നമ്മൾ കാണാം അതാണ് ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി എന്ന് പറയുന്നത് മനസ്സിനെ പതുക്കെ പതുക്കെ ബുദ്ധി കൊണ്ട് നിയന്ത്രണം ചെയ്യാണ് മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രണം ചെയ്യുന്നു ബുദ്ധി മനസ്സിനെ ശ്രദ്ധിച്ചു തുടങ്ങും അപ്പോ മനസ്സ് എന്ന് വെച്ചാൽ എന്താ ചിത്തവൃത്തികളാണ് വിചാരങ്ങളാണ് മനസ്സ് ഈ വിചാരങ്ങളെയൊക്കെ പതുക്കെ ബുദ്ധി ബ്രഹ്മവിചാരം കൊണ്ട് ഒതുക്കും ആ മനസ്സും ലയിച്ചു കഴിയുമ്പോ ബുദ്ധിയും പതുക്കെ അഹം തത്വത്തിൽ ഞാൻ ഉണ്ട് ഞാൻ എന്നുള്ള സ്വരൂപത്തില് ലയിച്ചു തുടങ്ങും അതും ലയിച്ചു കഴിയുമ്പോൾ അവിടെ നമ്മുടെ പ്രവൃത്തി അവസാനിച്ചു ഇനി അങ്ങോട്ട് നമ്മൾ സാധന കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും നേടാൻ പറ്റില്ല അതുവരെ നമുക്ക് പോവാൻ പറ്റുള്ളൂ അതിനപ്പുറം അവ്യക്തം ഒരു അവ്യാകൃത പ്രകൃതി ഒരു തിരോധാന ശക്തി അത് ആവിർഭവിക്കും അതിലുള്ള വാസനകളൊക്കെ നിശേഷം അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ആവരണവും നീങ്ങിക്കഴിയുമ്പോ ഒരു പരമപ്രകാശം ആ പരമപ്രകാശത്തിന്റെ അനുഭൂതി ഹൃദയത്തിൽ ഏർപ്പെട്ട് പുറമേക്കു നോക്കുമ്പോ പുറമേക്ക് കാണുന്നതൊക്കെ തന്നെ ആ ഭഗവാനാണ് കാണുന്നതൊക്കെ സർവപാണിപാദം തത്സവോക്ഷിശിരോമുഖം ശ്രുതിമല്ലോകി ആവൃത്തി തിഷത്തിയഗുണാഭാസം സർന്ദ്രിയവർജിതം അശക്തം സർവൃത്വ നിർഗുണം ഗുണഭോക്തൃച്ച് ബഹിരന്തശ്ശഭൂത അചരം ചരമേവച്ച സൂക്ഷ്മജ്ഞേയം ദൂരസ്ഥ അന്തികേ ചത് സർവതഃ പാണിപാതം സർവതോക്ഷി ശിരോമുഖം എല്ലായിടത്തും കാല് കയ്യ് തല കണ്ണ് എല്ലാവരുടെ തലയും കയ്യും കാലും ശരീരവും ഒക്കെ ആ പരമപുരുഷന്റെ ശരീരമാണ് കാണുന്നതൊക്കെ പരമപുരുഷന്റെ സ്വരൂപമാണ് ആ പരമപുരുഷൻ അല്ലാതെ ഇവിടെ മറ്റൊരു വസ്തു ഇല്ല എന്ന അനുഭവം ഏർപ്പെടുന്നു ഉള്ളില് നിർവികൽപ്പ അനുഭവം ബുദ്ധേഹേ സാക്ഷി അങ്ങനെയുള്ള പുരുഷൻ ആദ്യം എവിടെ തെളിയുന്നു പ്രകൃതേഹ പരഹ പ്രകൃതിക്ക് പരനായി കേവല അനുഭവാനന്ദ സ്വരൂപ കേവലാനുഭവ സ്വരൂപനായി ഹൃദയത്തിൽ പ്രകാശിക്കും നമുക്കിപ്പോൾ ഉള്ളത് കേവലാനുഭവമല്ല ഇന്ദ്രിയാനുഭവം നമ്മൾ കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഇത് ഇന്ദ്രിയാനുഭവം ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ മടക്കി കഴിയുമ്പോൾ മനസ്സുകൊണ്ടുള്ള അനുഭവം മനസ്സുകൊണ്ടുള്ള അനുഭവം മടക്കി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ശുദ്ധ അതായത് ഉണർവ് അസ്തിത്വം കേവലാനുഭവം എന്ന് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാൽ നമുക്കൊക്കെ ഒരു കാര്യം നല്ലവണ്ണം അറിയുന്നു ഞാൻ ഉണ്ട് എന്നുള്ളത് അതിൽ ആർക്ക് സംശയം വരുന്നില്ല ഞാൻ ഉണ്ട് എന്നുള്ളത് സ്വയം അനുഭവപ്പെടുന്ന കാര്യമാണ് അതിനെയാണ് കേവലാനുഭവം എന്ന് പറയുന്നത് അതിൽ മനസ്സ് കൂടി കലരുമ്പോ പ്രപഞ്ചാനുഭവം ഉണ്ടാവണം ഞാൻ ഉണ്ട് എന്നുള്ള ശുദ്ധ പ്രജ്ഞയിൽ മനസ്സ് ചെന്ന് കലരുമ്പോൾ ശരീരവും പ്രപഞ്ചവും ഒക്കെ അനുഭവപ്പെടുന്നു മനസ്സ് കലരാതെ വിട്ടുപിരിഞ്ഞാൽ പ്രത്യയങ്ങൾ മറ്റു പ്രത്യയങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞാൽ ഈ അഹമസ്മി എന്നുള്ള അനുഭവം തന്നെ കേവലാനുഭവമാവും അത് കേവല അനുഭവം മാത്രമല്ല കേവല അനുഭവാനന്ദ സ്വരൂപ അത് ആനന്ദ സ്വരൂപമായി തെളിയുകയും ചെയ്യും അനുഭൂതി എന്ന് പറയുന്നത് ബോധാനുഭവം ചൈതന്യത്തിനെ അനുഭവിക്കുന്നത് ഭഗവാനെ അനുഭവിക്കുന്നത് ഭഗവത് എന്ന് പറയുന്നത് ഈ കേവലാനുഭവമാണ് അവിടെ മനസ്സ് വഴിവിട്ടു തരുന്നു അപ്പോ വസുദേവർക്കിവിടെ ഭഗവാൻ മുമ്പിൽ പ്രകാശിച്ചതും തൽക്കാലത്തേക്ക് ഈ കേവലാനുഭവം ഉണ്ടായി കേവലാനുഭവം ഉണ്ടായതുകൊണ്ടാണ് വസുദേവർ പറയുന്നത് ഭഗവാനെ ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു എനിക്ക് കേവലാനുഭവ എന്ന് പിടികിട്ടിയിരിക്കുന്നു കേവലാനുഭവാനന്ദ സ്വരൂപ എന്റെ ഉള്ളിൽ മാത്രമല്ല സർവബുദ്ധിതൃക്ക് എല്ലാവരുടെ ഉള്ളിലും ബുദ്ധിക്ക് സാക്ഷിയായി ഈ കംസന്റെ ഉള്ളിലിരുന്ന് കംസനെ പ്രവർത്തിപ്പിക്കുന്നതും അങ്ങാണ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ അനുഭവിപ്പിക്കുന്നതും അങ്ങാണ് അങ്ങാണ് അനുഭവിക്കുന്നത് അങ്ങാണ് കർത്താവ് അങ്ങാണ് ഭോക്താവ് ഞാൻ ആരുമല്ല അങ്ങ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങ് തന്നെ ഈ പ്രകൃതിയെ രക്ഷിക്കുന്നു അങ്ങ് തന്നെ അവസാനം ഈ പ്രകൃതിയെ സംഹരിക്കുകയും ചെയ്യുന്നു അങ്ങേ മാറ്റി നിർത്തിയാൽ പ്രപഞ്ചമില്ല ഈ അഹമസ്മി എന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ ലോകത്തിനെ അനുഭവിക്കും ലോകം എവിടെ കാണും ബുദ്ധനുമേലക്ഷണ ഗ്രാഹ്യൈർഗുണൈ സന്നി തദ് അനൃതൊത് ബിരന്തരണത്തെ സർവാത്മന ആത്മവസ്തുനത്മന ദൃശ്യഗുണേഷു സിതി വ്യവസ്യത്തെ സ വ്യതിരെക്കബുധ സ വ്യതിരെകോബുധ വിനുവാദം ണോ നിർത്തിയിട്ട് ദൃശ്യഗുണങ്ങളിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ സൻ ഇതിണ്ട് എന്ന് പറയുന്നത് വ്യവസ്യത്തെ സ്വ്യതിരേകത തന്നെ മാറ്റി നിർത്തിയാൽ തന്നെ മാറ്റി നിർത്തിയിട്ട് സഹ അബുദ്ധ അവൻ അറിവില്ലാത്തവനാണ് പ്രപഞ്ചം അനുഭവിക്കണമെങ്കിൽ തന്നെ അവിടെ ഞാൻ ഉണ്ടാവണം ഞാനില്ലെങ്കിൽ ആര് ലോകത്തിനെ അനുഭവിക്കും എന്താ എന്താ അദ്ഭുതമായ ഒരു കണ്ടുപിടുത്തമായത് വേദാന്തികൾക്ക് ഈ ഒരു ചോദ്യമാണ് നമ്മളുടെ ആധുനിക ശാസ്ത്രത്തിനോടൊക്കെ ചോദിക്കാനുള്ളത് ലോകം എവിടുന്നു സൃഷ്ടിക്കപ്പെട്ടു പ്രപഞ്ചം എവിടുന്ന് സൃഷ്ടിച്ചു എന്തൊക്കെ ഗ്രഹങ്ങളുണ്ട് എന്തൊക്കെ ഉണ്ടോ ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു വേദാന്തത്തിന് ചോദിക്കാനുള്ള ഒരേ ചോദ്യം ഈ ലോകത്തിനെ കാണുന്നവനാർ ലോകം ആരുടെ അനുഭവത്തിലാണ് ഉള്ളത് ഏ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ ലോകത്തിന് അതെ ഞാനല്ലേ അനുഭവിക്കണത് അപ്പൊ ഈ ഞാനിൽ അനുഭവി തരയൂ ലോകത്തിന്റെ മൂലം സൃഷ്ടിയുടെ മൂലത്തിലെ പുറത്ത് തെരഞ്ഞാ ഒരു കാലത്തും കിട്ടില്ല എന്തിനു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു പ്രപഞ്ചത്തിന് മൂലകാരണം എന്താന്നൊന്നും ചോദിച്ചാൽ ഒരിക്കലും പിടികിട്ടില്ല പിടികിട്ടുകേയില്ല യുക്തിശൂന്യ വസ്തുപ്രകാശ്യ സംജ്ഞാ മായ എന്നാണ് ആചാര്യസ്വാമികൾ പറയണത് മായ എന്ന് പറയാൻ കാരണം യുക്തിയെ തരില്ല പക്ഷെ കാണും ചൊവ്വാ ഗ്രഹം കാണും ചന്ദ്രൻ കാണും സൂര്യൻ കാണും അവിടെയൊക്കെ പോകണം എന്ന് നമുക്ക് തോന്നും അതിനുവേണ്ടി ധാരാളം പണം ചെലവാക്കും പ്രവർത്തിക്കും ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തുനിന്ന് ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടെ എത്രയോ ആയിരം ഡോളർ വാങ്ങിച്ചിട്ടുണ്ട് അത്ര വെച്ചാൽ ഒരു പുതിയ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ അതായത് എല്ലാ മൂലമായിട്ട് ഒരു സൃഷ്ടി മുഴുവൻ നടന്ന ഒരു പദാർത്ഥം അതിന് അവർ പേരിട്ടിരിക്കുന്നത് ഗോഡ് പാർട്ടിക്കിൾ എന്നാണ് അതിനെ പുറത്തന്വേഷിക്കാണേ പുറത്ത് അന്വേഷിച്ചാൽ കിട്ടുവോ ഇനിയിപ്പോ ഒരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് മാത്രം കിട്ടും പിന്നെയും ഓരോരുത്തരും ഈ ഗോഡ് പാർട്ടികളിനെ അന്വേഷിക്കേണ്ടി വരും ഇറ്റ് കാൻ നെവർ ബി എൻ യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് ഈ മറ്റ് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ സ്വീകരിച്ചാൽ മതി ഈ ഗോഡ് പാർട്ടികൾ ഒരാൾ കണ്ടെത്തി അയാൾ കണ്ടെത്തിയാൽ പോലും വീണ്ടും ഓരോരുത്തരും കണ്ടെത്തണം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മളുടെ ഉള്ളില് വസുദേവര് വിജിദോഷി എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും പറയണം ആ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാലേ നോക്കുകയുള്ളൂ ആട്ടെ അപ്പൊ ഈ വിശ്വം ഈ കാണപ്പെടുന്ന അനിർവചനീയമായ വിശ്വം പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ രഹസ്യം എവിടെ അനാവരണം ചെയ്യപ്പെടും എവിടെയാണ് അത് അനാവരണം ചെയ്യപ്പെടുന്നത് വസുദേവരെ നോക്കണം ഭാഗവതത്തിൽ ഒരു സന്ദർഭം സ്തുതി വെക്കുകയാണ് സ്തുതി പലപ്പോഴും സന്ദർഭോചിതം എന്ന് പറയാൻ പറ്റില്ല ആ സ്തുതിയുടെ മുഖ്യ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒക്കെ ഈ തത്വം നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റണം അതിനാണ് നമുക്ക് മനസ്സിലാവാം പക്വമാവുമ്പോൾ മനസ്സിലാവും ഇല്ലെങ്കിൽ നമ്മൾ കഥയൊക്കെ കേട്ടും ഭക്തി ചെയ്തും നാമസങ്കീർത്തനം ചെയ്തും പക്വമാക്കാൻ തയ്യാറായിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുക അത്ര തന്നെ എപ്പോൾ മനസ്സിലാവണോ അപ്പൊ മനസ്സിലാവട്ടെ പക്ഷെ വ്യാസഭഗവാൻ ഇത് പറയാൻ ഉദ്ദേശിച്ച് നമുക്ക് സപ്താഹത്തിലൊന്നും ഇത് പറയാൻ പറ്റില്ല അതിനാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഭാഗവത ദർശനം ഈ ആത്മനഹ ദൃശ്യ സന്നിധി വ്യവസ്യത സ്വ്യതിരേകത അബുധ തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപദാർത്ഥം ദൃശ്യപ്രപഞ്ചം എന്ന് എത്ര വാദിച്ചാലും എത്ര പ്രൂവ് ചെയ്താലും പ്രൂവ് തിയറീസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഈ കാണുന്നവൻ എല്ലാത്തിനെയും അനുഭവിക്കുന്നവൻ അറിയുന്നവൻ അവനെ മാറ്റി നിർത്തി പ്രപഞ്ചമുണ്ട് പറഞ്ഞാൽ നച്ച തൻ അത് അറിവില്ലായ്മയുടെ പാരമ്യമാണ് അത് പിടികിട്ടില്ല അനുഭവത്തിന് വരില്ല ഭഗവാനിൽ ഈ പ്രപഞ്ചം നിൽക്കുന്നു ഭഗവാനിൽ പൊന്തു ഭഗവാനിൽ നിൽക്കുന്നു ഭഗവാനിൽ ലയിക്കുന്നു ആ ഭഗവാൻ നമ്മളുടെ ഒക്കെ ഉള്ളിൽ ഇപ്പതാ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഈ വർത്തമാനം പറയുന്ന ശബ്ദം എവിടെ നിന്ന് പൊന്തുവോ ആ പൊന്തുന്നതിന് സോഴ്സായിട്ട് ഭഗവാൻ ഇരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലും അവിടെ ഇരുന്ന് കേൾക്കണമല്ലോ ആ ശ്രവണത്തിന്റെ സോഴ്സായിട്ട് ഭഗവാൻ ഇരിക്കും കേനോപനിഷത്തില് അതതിഥമ പ്രീതിയുക്തേമിമാം വധന്തി ചക്ഷുശ്രോത്രേ കയു ദേവോയുന ഋഷിയോട് ചോദിക്കുകയാണ് മനസ്സ് എങ്ങനെ പുറമേക്ക് പ്രവർത്തിക്കുന്നു കണ്ണുകൊണ്ട് എങ്ങനെ കാണുന്നു ചെവി കൊണ്ട് എങ്ങനെ കേൾക്കുന്നു പ്രാണൻ എങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നു ഇതിനൊക്കെ ഏത് ദേവനാണ് കാരണം അതിന് ഉത്തരമെന്താ കണ്ണുകൊണ്ട് നീ ഏതൊന്ന് കാണുന്നുവോ അത് ബ്രഹ്മമല്ല പക്ഷെ ഏതൊന്ന് ഉള്ളതുകൊണ്ട് കണ്ണു കാണുന്നുവോ അതാണ് ബ്രഹ്മം ചെവി ഏത് കേൾക്കപ്പെടുന്നുവോ അത് ബ്രഹ്മമല്ല പക്ഷെ ഏതൊന്നാണോ ഉള്ളിലിരുന്നു ചെവിയിലൂടെ കേൾക്കണത് അതാണ് ബ്രഹ്മം നല്ലവണ്ണം നേതം വ്യതീതം ഉപാസതേ നേതം വ്യതിതം ഉപാസത എന്ന് ശ്രുതിവാക്യമാണ് നീ ഉപാസിക്കുന്നതല്ല ബ്രഹ്മം നീ ഉപാസിക്കുന്നവനിൽ ബ്രഹ്മം നിൽക്കുന്നു മനസ്സുകൊണ്ട് ഏതിനെ ചിന്തിക്കുന്നുവോ അത് ബ്രഹ്മമല്ല ഏതൊന്നുള്ളതുകൊണ്ട് മനസ്സ് ചലിക്കുന്നുവോ അതാണ് ബ്രഹ്മം അപ്പോ ഈ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ഉപചാരമാണ് ബ്രഹ്മത്തിലെ സത്വം രജസ് തമസ് മുതലായ ഗുണങ്ങളൊക്കെ ആരോപണമാണ് അത് കാണപ്പെടുന്നു വ്യവഹരിക്കപ്പെടുന്നു പ്രപഞ്ചം കാണുന്നു പക്ഷെ നമ്മളുടെ ശ്രദ്ധ സത്യം പിടികിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ കാണുന്നവൻ അനുഭവിക്കുന്നവൻ ആയിട്ടുള്ള അഹം അഹം അഹം അഹം എന്ന് നമ്മൾ ഓരോരിക്കലും പറയുന്നുണ്ടല്ലോ ഇടക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കെ ചീത്ത പറയരുത് ഭാഗവതം പറയാൻ പുറപ്പെട്ടെ ഇതൊക്കെ പറയണോ എനിക്ക് ഭാഗവതത്തിൽ ഇതാണ് കാണുന്നത് അതിന് ചിലപ്പോ എന്റെ കുറ്റമായിരിക്കാം കുറ്റം എന്താന്ന് വെച്ചാൽ അവരവരുടെ സമ്പ്രദായം എന്താണോ ഏത് സമ്പ്രദായം ഏത് ഗുരുപരമ്പരയിൽ അവരവർ വന്നിരിക്കുന്നുവോ ഏത് ഉപദേശമാണോ അവരവർക്ക് കിട്ടിയിട്ടുള്ളത് ഏത് മാർഗത്തിലാണോ അവരവർ അനുഭവം ആ മാർഗത്തിൽ പറഞ്ഞാലേ ഫലിക്കുകയുള്ളൂ പ്രയോജനപ്പെടുകയുള്ളൂ ബാക്കിയുള്ളത് അറിയില്ല എന്ന് പറയാൻ വേണമെങ്കിൽ അതുകൊണ്ട് നമ്മളുടെ സമ്പ്രദായം എന്താണോ പദ്ധതി എന്താണോ ഏത് തലത്തിൽ നമുക്ക് അനുഭവം ആ അനുഭവ മണ്ഡലത്തിൽ നിന്ന് മാത്രമാണ് അത് പറയുന്നത് ബാക്കി പലവിധത്തിലും നമുക്ക് ഭാഗവതം പറയാം എല്ലാം ഞാൻ കേട്ട് ആസ്വദിക്കുകയും ചെയ്യാം വേറെ പറയാനുണ്ടെങ്കിൽ പക്ഷേ പറയാൻ വരുമ്പോൾ ഇതാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് ഈ വസ്തുസ്ഥിതിയാണ് കാണുന്നത് ഇത് പറയാൻ ഇത്രയധികം ആനന്ദവും തോന്നണോ പലർക്കും ഇതിൽ ആനന്ദം തോന്നില്ല അത് ഓരോരുത്തരുടെ മാർഗത്തിനനുസരിച്ചും വഴിക്കനുസരിച്ചും ഒക്കെയാണ് ഒരു മാർഗത്തിനോടും ഇവിടെ ഇല്ല ഗൗരവദാചാര്യർ പറയുന്നു സസിദ്ധാന്തവ്യവസ്ഥാസു ദ്വൈതിതോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധന്റെ തൈരയം വിരുദ്ധത്തെ എന്നാണ് ഓരോ സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിട്ട് പലരും പരസ്പരം ഷണ്ട കൊടുക്കുന്നു ഞങ്ങൾക്ക് ആരോട് ഷണ്ടയില്ല എല്ലാവരും ഓരോ തലത്തിൽ നിന്ന് ഇതിനെ തന്നെ അവരവർ കാണുന്ന പോലും പറയണം അത്രയോ അപ്പാട്ടെ അപ്പൊ ഈ ജഗത്ത് മുഴുവൻ അഹമസ്മി എന്ന അനുഭവത്തിൽ അധ്യാരൂപമാണ് കയറിൽ പാമ്പിനെ ആരോപണം ചെയ്ത പോലെ ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും വിശ്വത്തിനെ മുഴുവനും ആരോപണം ചെയ്ത് അനുഭവിക്കുന്നു പക്ഷെ എല്ലാ അനുഭവവും എവിടെയാണ് ഏർപ്പെടുന്നത് ഇതാർക്കാ മനസ്സിലാവാത്തത് നിങ്ങളൊക്കെ ഉണ്ട് ഈ ഞാനിവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്യുന്നു എന്നുള്ള അനുഭവം എനിക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിന്റെ മേലെയാണ് ഏർപ്പെടുന്നത് ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം മാത്രം എനിക്ക് സത്യം ആ ശുദ്ധ അനുഭവത്തിന് കേവലാനുഭവം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു ഇവിടെ സുഖബ്രഹ്മ മഹർഷി കേവലാനുഭവം എന്ന് പറഞ്ഞു ആ കേവലാനുഭവത്തിൽ മനസ്സ് പതുക്ക പൊന്തി രാത്രി ഉറക്കത്തിൽ കേവലാനുഭവത്തിന്റെ മേലെ നമുക്ക് ദ്വൈതാനുഭവം ഉണ്ടാവുന്നുണ്ട് കേവലാനുഭവം എന്താ അഹമസ്മി എന്നുള്ള അനുഭവം കേവലാനുഭവം അതിൽ ദ്വൈതാനുഭവം ഉണ്ടാവുന്നു എങ്ങനെ സുഷുപ്തി അവസ്ഥയിൽ ഒന്നുമില്ലാത്ത ഒരു ഇരുട്ട് അത് ആവരണാനുഭവം സ്വപ്നത്തിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ ഇപ്പൊ പ്രഭാഷണം ചെയ്യുന്ന പോലെ സ്വപ്നമാണെങ്കിൽ നിങ്ങളെ കാണും പ്രഭാഷണം ചെയ്യുന്ന കാണും വടക്കനാഥൻ ക്ഷേത്രം കാണും ഇത് സ്വപ്നാനുഭവം പ്രാതിഭാസികം ജാഗ്രത്തിൽ ഇതാ ഇരുന്ന് പ്രഭാഷണം ചെയ്യുന്നതൊക്കെ ഇങ്ങനെയും കാണുന്നു സ്ഥൂലമായിട്ട് ശരീരത്തിനെ അനുഭവിക്കുന്നു മനസ്സിനെ അനുഭവിക്കുന്നു അവിദ്യ അതായത് ഇരുട്ട് ഈ മൂന്നും അഹമസ്മി എന്ന ശുദ്ധ പ്രജ്ഞയിൽ അനുഭവപ്പെടുന്നു ശുദ്ധപ്രജ്ഞയിലാണ് ഇത് ചലിക്കുന്നത് അപ്പൊ ബ്രഹ്മം നമുക്ക് സിദ്ധമാണേ വൈകു പ്രഹ്ലാദം പറയുന്ന പോലെ ആത്മാ ായിട്ട് ഭഗവാൻ നമുക്ക് സിദ്ധമായിരിക്കും പ്രഹ്ലാദൻ പറയുന്നു ഭഗവാനെ എവിടെയാ അറിയണത് പ്രത്യേകാത്മസ്വരൂപേണ ദൃശ്യൂപേണ സ്വയം ഉള്ളിൽ പ്രത്യേകാത്മാവുമായിട്ടും പുറമേക്ക് ദൃശ്യപ്രപഞ്ചമായിട്ടും ഭഗവാനുണ്ട് നീ അച്യുതം പ്രണയതോ ബഹു ആയാസോ അസുരാത്മജ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദ്ഹ സർവത അച്യുതനെ പ്രീതിപ്പെടുത്താൻ യാതൊരു വശമില്ലായ അസുരകുട്ടികളെ നിങ്ങൾക്കും കിട്ടും കാരണം എന്താ ആത്മത്വാത് സിദ്ധത്വാത് ആത്മാവായി ഇവിടെ തന്നെ അഹമഹമഹം എന്ന് സിദ്ധിച്ചിരിക്കുന്നു അനുഭൂതി സ്വരൂപമായി കേവല അനുഭവ സ്വരൂപമായി ശുദ്ധ പ്രജ്ഞയായി അച്യുതൻ വാസുദേവൻ ഇവിടെ പ്രകാശിക്കുന്നു ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം ത്വനന്തരം അനന്തരം ത്വബിർ ബ്രഹ്മസത്യം പ്രത്യാന്തം ഭഗവത് ശബ്ദസഞ്ജ്ഞം യത് വാസുദേവം കവയോ വീ വാസുദേവൻ ഇതെല്ലാന്നാണല്ലോ ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് വാസുദേവൻ പ്രത്യേകിച്ചൊരു ഭാവത്തിലല്ലേ ഭാഗവതം തന്നെ തെളിവ് പറയുന്നു വിശുദ്ധമായ ജ്ഞാനത്തിന് വാസുദേവൻ എന്നുപേര് ജ്ഞാനം വിശുദ്ധം പരമാർത്ഥം ഏകം അനന്തരം അബഹിഹി വാക്കുകളൊക്കെ നോക്കണം അബഹിഹി എന്ന് വെച്ചാൽ വെളിയിലല്ലാത്തത് അബഹിഹി ബ്രഹ്മ സത്യം പ്രത്യപ്രശാന്തം അതായത് ഉള്ളില് മനസ്സ് അടങ്ങി അടങ്ങി അടങ്ങി ചെല്ലുമ്പോൾ ആവരണവും കടന്ന് വരുമ്പോ പ്രകാശിക്കുന്ന പുരുഷനാണ് പ്രത്യക് പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം ഭഗവാൻ എന്ന പേരുകൊണ്ട് വിളിക്കപ്പെടുന്നത് യത് വാസുദേവം കവയോ വന്തി അതിനെ കവികൾ ഋഷികൾ ജ്ഞാനികൾ ഭക്തന്മാർ വാസുദേവൻ എന്ന് പറയുന്നു അപ്പോ വാസുദേവതത്വം നമ്മളുടെ ഉള്ളിൽ പ്രകാശിച്ച് കണ്ടാൽ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ അപ്പൊ വാസുദേവനാണ് പ്രപഞ്ചം മുഴുവനും വാസുദേവനാണ് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും മരങ്ങളായിട്ടും പക്ഷികളായിട്ടും ആകാശമായിട്ടും ഭൂമിയായിട്ടും ഇഷ്ടപ്പെടുന്നവരായിട്ടും ഇഷ്ടപ്പെടാത്തവരായിട്ടും ഒക്കെ തന്നെ ഈ വാസുദേവൻ നമ്മളുടെ മുമ്പിൽ പ്രകാശിക്കുന്നു ആ വാസുദേവൻ തന്നെ കൃഷ്ണനായിട്ടും അവതരിക്കുന്നു രാമനായിട്ടും അവതരിക്കുന്നു സകല അവതാരങ്ങളും എടുത്തു നിൽക്കുന്നു ആ വാസുദേവൻ കവിഞ്ഞ ഒരു തത്വം ഇവിടെ ഒന്നും അറിയാനില്ല അപ്പൊ ആ വാസുദേവൻ ഇവിടെ വസുദേവർക്ക് ദർശനം കൊടുത്തു വസുദേവർ ഭഗവാനെ ഇങ്ങനെ ആത്മവസ്തുവായിട്ട് കേവലമായ പ്രജ്ഞയ സ്വരൂപമായിട്ട് സ്തുതിച്ചു നോക്കണം നാമരൂപമേ പറഞ്ഞില്ല അതാണ് ഈ സ്തുതിയുടെ വിശേഷം ഭക്തിയില് എല്ലാ രാമകൃഷ്ണദേവൻ പറയും ചിലരൊക്കെ ഭഗവാനെ നിർവികാരൻ മാത്രമാണെന്ന് പറയുമ്പോൾ ഭഗവാൻ രാമകൃഷ്ണ അങ്ങനെ പറയരുത് നിങ്ങൾ ഏത് ബ്രഹ്മത്തിലെ നിർവികാരം നിരാകാരം പറയുന്നു അതിനെ തന്നെ ഭക്തന്മാർ സാകാരമായിട്ടും സവികാരമായിട്ടും കാണുന്നു രണ്ടും ഒന്ന് പക്ഷേ ഭാഗവതത്തിൽ ഇവിടെ നോക്കുക ആ അനുഭൂതി ഏർപ്പെടുന്ന സ്ഥലത്ത് മിണ്ടിയതേയല്ല നാമരൂപത്തിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ അതിൽ കയറി പിടിച്ചു കളിയും എന്ന് വ്യാസന അറിയാം അപ്പൊ തത്വത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാ ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ദിവ്യലീലകൾ ആസ്വദിക്കുമ്പോൾ ആ ലീലകളൊക്കെ തന്നെ നമുക്ക് സമാധി അനുഭവമായിട്ടിരിക്കും അട്ടെ വസുദേവർ പറഞ്ഞു ദേവകിയോ പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാം സ്ത്രീകൾക്ക് ഇതൊക്കെ പറ്റുമോ അമ്മയ്ക്ക് പാശമാണ് മുമ്പിൽ നിൽക്കാം മക്കളെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയായാലും മകൻ എന്നേ തോന്നുള്ളൂ അല്ലാതെ പരമപുരുഷൻ ആത്മാന്യം ഈശ്വരൻ എന്നൊന്നും തോന്നില്ല എന്ന് നമ്മൾ പറയും ദേവകി വസുദേവരെ സെക്കൻഡ് റാങ്കിലേക്ക് കൊണ്ടുപോയി ദേവകി സ്തുതിക്കാൻ ആരംഭിച്ചപ്പോ സ്തുതി നോക്കുക വ്യാഖ്യാനിക്കേ വേണ്ട വസുദേവരുടെ സ്തുതിയെങ്കിലും വ്യാഖ്യാനിക്കണം ദേവകിയുടെ സ്തുതി വ്യാഖ്യാനിക്കേ വേണ്ട ശ്ലോകം ചൊല്ലിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ൂപം യഹു അവ്യക്തം ആദ്യം ബ്രഹ്മജ്യോതിർഗുണം നിർവിം സത്രം നിർവിശേഷം നിരീഹം സത്വ സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപം യത് പ്രാഹു ഭഗവാനെ അങ്ങയുടെ റൂപത്തിലെ ശ്രുതി ഇങ്ങനെ പറയുന്നു എങ്ങനെ പറയുന്നു അവ്യക്തം ആദ്യം അവ്യക്തം വ്യക്തമായി വരുമ്പോൾ നാമരൂപമുണ്ടെങ്കിൽ വ്യക്തം നാമരൂപമില്ലെങ്കിലോ അവ്യക്തം ആദ്യം അതിനു മുമ്പൊന്നുമില്ല അതുകൊണ്ട് ആദ്യം ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം അന്തവും ഇല്ലാത്തപ്പോഴാദ്യം അതിന് ആദ്യമില്ല അന്തവുമില്ല മധ്യവുമില്ല ഏതൊരു ആദ്യമുണ്ടോ ഒരു അന്ധമുണ്ടോ അത് മധ്യകാലത്തിൽ ഉള്ള പോലെ തോന്നിയാലും വാസ്തവമല്ല അതുകൊണ്ടാണ് നമ്മളെ യോഗം മായന്ന് പറയുന്നത് ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഒരു കാലത്ത് ജനിച്ചു ഇനി ഒരു കാലത്ത് മരിക്കും നടുവ് കുറച്ചുനേരം കാണുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ കണ്ടാലും സിനിമ മാത്രമാണ് നാടകം മാത്രമാണ് ഇത് കള്ളമാണ് ഇത് ശാശ്വതമല്ല ഈ കുറച്ചു ദിവസം മുമ്പ് ഉണ്ടായിരുന്നില്ല ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ ഉണ്ടാവില്ല അപ്പോൾ അത് ആദ്യം എന്തുകൊണ്ട് ഭഗവാന്റെയോ അവ്യക്തം ആദ്യം ഏത് ജനിച്ചിട്ടില്ലയോ അത് മരിക്കുകയില്ല ഏത് ശാശ്വതമോ അതിന് ജനനവും മരണവുമില്ല അതിനെന്തു പേര് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മം എന്നുപേര് അത് ജ്യോതിഷാണ് അത് എന്തു ജ്യോതിഷാണ് എങ്ങനെയുള്ള ജ്യോതിഷാണ് ആ ജ്യോതിഷിന്റെ സ്വരൂപം എന്താ ഒരു വിളക്കുണ്ടെന്നറിയാം മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ ഈ ജ്യോതിഷുണ്ട് എന്നറിയാം മറ്റൊരു ജ്യോതിഷ വേണ്ട അത് സ്വയം ജ്യോതിയാണ് ഭഗവാൻ തന്നെ പറയുന്നു ജ്യോതിഷാമഭി തത് ജ്യോതി തമസസ്ഥരം ഉച്ചത്തെ ജ്ഞാനം ജേയം ജ്ഞാനഗമ്യം ഹൃദയ സർവസ്വ വിഷ്ഠിതം അത് ജ്യോതിഷാണെന്ന് പറഞ്ഞു എങ്ങനെയുള്ള ജ്യോതിഷാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചം ഒരു കാണുന്ന സൂര്യൻ ഒരു ജ്യോതിസ് അഗ്നി ഒരു ജ്യോതിസ് ചന്ദ്രൻ ഒരു ജ്യോതിഷ ഇതിനെയൊക്കെ കാണുന്ന കണ്ണ് ഒരു ജ്യോതിഷ കണ്ണിന്റെ പുറകിൽ കണ്ണിലൂടെ വന്ന് വെളിയിൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന മനസ്സ് ഒരു ജ്യോതിഷ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്ന ബുദ്ധി ഒരു ജ്യോതിഷ ബുദ്ധിക്കും സാക്ഷിയായി നിൽക്കുന്ന ജ്യോതിസിനെ സ്വയം പ്രകാശം എന്ന് പറയണം അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ജ്യോതിഷ വേണ്ട അത് എല്ലാത്തിനേയും പ്രകാശിപ്പിക്കുന്ന ജ്യോതിസാണ് ബാക്കി പ്രകാശമൊക്കെ സൂര്യൻ ഉണ്ടോ എന്നറിയാൻ കണ്ണു വേണം കണ്ണൂടെ കാണണമെങ്കിൽ മനസ്സ് വേണം മനസ്സിനെ കാണുന്ന ബുദ്ധിയുണ്ട് ബുദ്ധി ഇല്ലാത്തപ്പോഴും സുഷുപ്തിയിൽ ബുദ്ധിയും ലയിച്ചു കിടക്കുമ്പോഴും ഞാനുണ്ട് അപ്പൊ സുഷുപ്തി അവസ്ഥയിലും ഏതൊരു വസ്തുസ്ഥിതി ഉണ്ടോ അത് ജ്യോതിഷാമപഭി തദ്ജ്യോതി അതിനെങ്ങനെ സാക്ഷാത്കരിക്കും തമസ്പരമുച്ചത് ഇരുട്ടിനപ്പുറം പോകൂ കാണാൻ പറ്റും ഇരുട്ടെന്താ വാസനയുടെ പടലം എത്രയോ ജന്മങ്ങളായി ചെയ്തു വെച്ച രാഗദ്വേഷങ്ങളെ കൂട്ടി ശേഖരിച്ചു വെച്ചത് ഒരു പടലമായിട്ട് മാറി ആവരണമായിട്ട് സുഷുപ്തി അവസ്ഥയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഇരുട്ടുണ്ടല്ലോ ആ ഇരുട്ട് ആ വാസനയുടെ പടലം അതങ്ങട്ട് ജാഗ്രത അവസ്ഥയിൽ തന്നെ നിഷ്കാമ്യ കർമ്മം കൊണ്ടും ജപം കൊണ്ടും ധ്യാനം കൊണ്ടും ഭക്തി കൊണ്ടും സത്സംഗം കൊണ്ടും എല്ലാത്തിനും മേലെ ഭഗവത്കൃപ കൊണ്ടും ഈ ആവരണം മാറിക്കിട്ടിയാൽ തമസ്പരം ഇരുട്ടിനുറം പോയി തമസ്പരമുച്ച അതിന്റെ സ്വരൂപം എന്താ അത് അറിവാണ് അറിയപ്പെടുന്ന വസ്തുവാണ് അറിയുന്നവനാണ് ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം അത് എവിടെ കണ്ടെത്തും വസ്തുവിനെ കണ്ടെത്തും എവിടെ കണ്ടെത്തും ചോദിക്കുന്നവൻ തന്നെ അത് ജ്ഞാനഗമ്യം ഹൃദി സർവസ്യവിഷ്ടിത്വം എല്ലാവരുടെയും ഹൃദയത്തിൽ എന്ന് വെച്ചാൽ കേന്ദ്രസ്ഥാനത്തിൽ അഹമസ്മീ എന്നുള്ള അനുഭവ അതിനെ തേടും തെരയും അവിടെ തെരഞ്ഞാൽ കിട്ടും അന്വേഷിക്കണവന് അന്വേഷിക്കൂ ധ്യാനിക്കണവനെ ധ്യാനിക്കൂ വിചാരം ചെയ്യുന്നവനെ വിചാരം ചെയ്ത് പിടിക്കും അപ്പൊ അവൻ സിദ്ധിച്ചിരിക്കുന്നു അപ്പോ അവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി അതിന്റെ ലക്ഷണം എന്താ നിർഗുണം നിർഗുണം എന്നു പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭാഷയിൽ കുടുങ്ങി കിടക്കുകയാണ് നിർഗുണമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സുഖമില്ലാത്ത വസ്തു എന്നാൽ കൗന്നുക വെച്ചാൽ ഗുണമില്ലാത്തത് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് നിർഗുണം എന്നുള്ള പദം ഇറ്റ് ലോഡഡ് വിത്ത് ഐഡിയാസ് നിർഗുണം എന്ന് എന്താ അർത്ഥം നിർഗുണമെന്ന് വെച്ചാൽ മനസ്സിനതീത്തം എന്നർത്ഥം സത്വം രജസ് തമസ് എന്ന മൂഡ്സ് ഈ മൂഡ്സ് ഒന്നും അതിനെ എഫക്ട് ചെയ്യില്ല അത് പൂർണ്ണമാണ് നിർഗുണം എന്നുവെച്ചാൽ പൂർണ്ണം എന്നർത്ഥം ഊർജവും ചൈതന്യവും ഒക്കെ അതിന് നിറഞ്ഞു നിൽക്കും നിർവികാരം എന്ന് വെച്ചാൽ വികാരശൂന്യം എന്ന് വെച്ചാൽ ജഡം എന്നല്ല അർത്ഥം നമുക്ക് മനസ്സ് ജടത്തിലേക്ക് പോവുകയെ ഇത് ശാന്തിയെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ് നിർഗുണം നിർവികാരം പിന്നെയോ സത്താ മാത്രം ഇറ്റ് ഇസ് എക്സിസ്റ്റൻസ് അതാണ് ഗോവിന്ദാഷ്ടകത്തിലെ ആചാര്യസ്വാമികൾ സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ആ ഗോവിന്ദന്റെ ശരീരം എന്താ സത്താമാത്ര ശരീരം ഉണ്ട് എന്ന അനുഭവം അത്രേ പറയാൻ പറ്റണം സത്താമാത്രം നിർവിശേഷം ഒരു അജക്ടീവ്സും അതിന് കൊടുക്കാൻ പറ്റില്ല സത്താമാത്രം നിർവിശേഷം നിരീഹം ഡിസയേഴ്സ് ക്രേവിംഗ് ആഗ്രഹങ്ങള് ഇതൊന്നും അതിനെ സ്പർശിക്കില്ല അങ്ങനെയുള്ള ീപ അദ്ധ്യാത്മദീപം ജ്ഞാനമാകുന്ന വിളക്ക് കൃഷ്ണവിളക്ക് കൃഷ്ണദീപം അതിനാണ് സുഖബ്രഹ്മ മഹർഷി കരുണയാഹ പുരാണഗുഹ്യം അധ്യാത്മദീപം അതിജിതീർഷതാം തമോന്ധം തമസിന്റെ അപ്പുറം ഇപ്പൊ പറഞ്ഞല്ലോ തമസഫലസ്ഥാവെന്ന് പറഞ്ഞല്ലോ തമസിന് അപ്പുറം പോകണമെങ്കിൽ എന്തുവേണം ഈ വിളക്ക് പ്രയോജനപ്പെടല अर्जुन ने सदान गोपाल सदर्भ भगवा वैकुंठव वही मुझन इरट आगवा तुदर्शन चक्रवे तेलचु अब वे अध्यात्मदीप चिशक् अध्यात्मदीप अव भगवाने अध्यात्मदीपा कृष्णन एवं विवगिया मूंल प्रकाश കൃഷ്ണൻ എന്ന് പറയുന്ന ദീപം മുമ്പിൽ തെളിഞ്ഞു ദേവകി കൃഷ്ണനാകുന്ന ജ്ഞാനദീപത്തിനെ കണ്ടു ഇത്രയും പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു ഈ സമാധി കൃപാസിദ്ധ സമാധി സാധനാസിദ്ധ സമാധിയല്ല ജ്ഞാനസിദ്ധ സമാധിയല്ല കൃപാസിദ്ധ